ദൂതന്മാർക്കു ശേഷം മനുഷ്യർക്കള്ളാഹുസുബഹാനഹുവ ടയാലായുടെ അടുക്കൽ യാതൊരു ന്യായവും ഉണ്ടായിരിക്കരുത് എന്നുവേണ്ടി സന്തോഷവാർത്ത അറിയിക്കുന്നവരും താക്കീത് നൽകുന്നവരുമായ ദൂതന്മാരെ നാം അയച്ചു അള്ളാഹു സുബഹാനഹുവ ത്തയാല പ്രതാപശാലിയും യുക്തിമാനുമാണ്